നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിനു മുൻപ് വിവാഹമോചിതരാക്കുകയും എന്നാൽ അവർക്ക് മഹർ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിന്റെ പകുതി നൽകുക അവർ മാപ്പ് നൽകുകയോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിന്റെ കരാർ കൈവശമുള്ളയാൾ മാപ്പ് നൽകുകയോ ചെയ്താലൊഴികെ നിങ്ങൾ മാപ്പ് നൽകുന്നതാണ് ദൈവഭക്തിക്ക് കൂടുതലടുത്തത് നിങ്ങളുടെ ഇടയിലുള്ള ഔദാര്യം മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനഭൂവത്ത ആല കാണുന്നവനാണ്